അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്നും അന്ത്യനാളിന് യാതൊരു സംശയവുമില്ലെന്നും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നാം അവരെ കണ്ടെത്താനിടയാക്കി അവർ തങ്ങളുടെ കാര്യത്തിൽ തർക്കിച്ചു അവർ പറഞ്ഞു അവർക്കുമേൽ ഒരു കെട്ടിടം നിർമ്മിക്കുക അവരുടെ രക്ഷിതാവിനാണ് അവരെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നവർ പറഞ്ഞു തീർച്ചയായും നാം അവർക്കുമേൽ ഒരു പള്ളി നിർമ്മിക്കുന്നതാണ്